പറയുക അള്ളാഹു സുബഹാന ഹുവത്ത് ആലയെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളുമുണ്ട് ഞങ്ങൾ അവന് പൂർണമായി സമർപ്പിച്ചവരാണ്